നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നില്ലെന്ന് പക്ഷെ കരിമോ അവർ വെറുതിട്ടുണ്ട് അല്ല മറ്റുള്ളവരുടെ പ്രസിദ്ധം ശ്രദ്ധിച്ചുകൊണ്ടിരണ്ടല്ലോ അത് ഒരു കട ഹാജിയിരുന്നു അതൊന്നും ഒന്നുകൊണ്ട് സാധാരണ സന്ദേശം ആവശ്യം പോകാതെ ഒന്നുകൂടാ ഈ നിർബന്ധിക്കലും ഇല്ലാത്തരും തീർത്തിക്കുന്നുണ്ടല്ലോ അത് കട ഹാക്കുന്നു അത് ചോദിച്ചിട്ടില്ല ബാക്കി ഒരു കടന്നു കട ഹാഗില്ല അമിതമായി ചിന്തിക്കുന്ന ചുറ്റുപാട് വരും അപ്പുറം കൊണ്ടുങ്ങനെ ഈ നിർബന്ധം അത് നമ്മൾ ധരിക്കേണ്ട തന്നെ ഇല്ലായിരുന്നു പോലെ വെച്ച് ഭക്ഷണം ഭക്തം പറയുന്ന തരത്തിലൊന്നുമില്ല സുഹൂത്ത അരങ്ങി അതിന് നല്ല അടങ്ങി കൂടിയാലേണ്ടാണെന്നാണ് യതൊരു അരക്ഷരം അതിന് മുഖം പറ്റി ഇവന്റെ അത്യാഗ്രഹം ഉണ്ട് എന്ന് അറിയിക്കും ഒന്നും ഉണ്ടാടേണ്ടത് ഇന്നല്ല അതോ എല്ലാത്ത അത്യാഗ്രഹമുണ്ട് അറിയിക്കും കലാമായ നടക്കടക്കോരുപ്പു അപ്പൊ കലാമ് മുസ്തഹപ്പു ആണ് അഞ്ഞക്കൂരെ നേരയിലെ ഒന്നയ്ക്ക് ഒരു ഇൻവുണ്ടാകും അഗ്രഹമായ ഇൻപുണ്ടായിരണം കലാപം ോട്ടെ പക്ഷെ ആ കലാം എപ്പാ പറയണം വയക്കൂന്നു കലാമ് ഭാഗം വിഴിഞ്ഞതിനു ശേഷമായിരിക്കണം നടത്തണം പറഞ്ഞുകൂടല്ല എന്തോട്ട് ഞാൻ അപൂർവമായി രഹമതി ചവച്ചുകൊണ്ടും അത്തരം പറഞ്ഞാൽ ഭാഗ്യം ഒത്തേക്ക് തോന്നിച്ചു പ്രവേശി മറ്റുള്ള വർഷത്തിലേക്ക് വീഴും പരുക്കാർ കൈനീ മറ്റുള്ള അത് മാലിന്യമായി കണക്കാക്കും അപ്പൊ പലായ ആ സ്ഥിരം മാതാമത്തെ ആത്മഹത്യ ഈ വായില് ഭക്ഷണം വെച്ചു കൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ് വന്നത് അപ്പം സംസാരിക്കുകയാണ് സംസാരിച്ചു എന്നും പറഞ്ഞ ആ സ്വരെ ലൊക്ക ബഹുറ്റി രാമ ചായത്തോട്ട് പറയും ഓരോ ദുഃഖത്തിന്റെ അവസരത്തിൽ മുസ്ലിം ഇന്ത്യ മുസ്താഹും ഓരോ ബുദ്ധനും ഇന്ത് കുത്തില്ല ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ ഹിന്ദിയില്ല ഒരു മുടി പറഞ്ഞു മുസ്ലിമില്ല ബന്ധി കഴിഞ്ഞാൽ ഹംബിൻ എന്റെ അടുത്ത കുടി പറഞ്ഞു മുസ്ലിം ഇന്ത്യ പിന്നെ അബന്ധമായി സംസാരത്തിന്റെ ഉത്സാഹങ്ങളായി വെച്ചിന്റെ വൃക്തിമായി ഒന്നല്ല ില്ല അങ്ങനെ കുറിച്ചും കുറിച്ചും പാറ്റിലെ പോകുന്നു കാൽഹാജ് എന്ന് പറയുന്ന മഹാദാ അമൃൽ ആ പറഞ്ഞാട് നല്ല കാര്യം തന്നെ രാജ്യം കുന്നത്തൂ ലം തരി അങ്ങനെ കുന്നത്ത് വാങ്ങിയാലും നല്ല തന്നെ മറ്റൊന്നും പറയാനില്ല പക്ഷെ അങ്ങനെ അതിന് കുട്ടി വളരെ നന്ദി അങ്ങനെ ഓരോ ബുദ്ധിയുടെ ബുദ്ധിമുട്ടണം ഓരോ ബുദ്ധിമുട്ടും വർഷമില്ലാകണം രാജ്യത്തിൽ കൊണ്ട് വളരെ നന്നായിരുന്നു ഏതോപ്പം വല്ല എന്താണെങ്കിലും അഹസനും മിഞ്ചിന് മാധ്യമ നേട്ട പറഞ്ഞ വർത്താനത്തിനാക്കാൻ ഏറ്റവും അഹസനാണ് തന്നെ നേത പറഞ്ഞോ കാര്യങ്ങൾ അത് പറഞ്ഞോ വളരെ വർത്താനം പറഞ്ഞോ എന്ത് കിട്ടിയെന്ന് പറഞ്ഞ നേട്ടാ അവിടെ തന്നെയാണല്ലോ അപ്പൊ പദം അപ്പോ പദം നിൽക്കുന്നിരുത്താവുമോ അതുകൊണ്ട് നമ്മുടെ കൗമായിട്ടില്ല എത്ര കൂന്നൽ തരാം ആദിഷ്ടം അതാണ് പടം നിന്ന് കരിയിൽ തരാമേ കിട്ടിക്കും നമുക്കും കിട്ടിയല്ല ലാസിൻ രണ്ടാമത്തെ ലാസിൻ കരിയിൽ യുറുകാമല്ലേ ലാസിൻ സാനു എത്ര കൂന്നൽ ദുറുകാമ യുറകാമിനെ അവർ വെറുപ്പിക്കുന്നു യുറാമെന്ന് ഹത്തിമാരൻ പിന്നെ ഇങ്ങനെ നിർബന്ധപ്പെടുത്തി എല്ലോ കട്ടക്കും നാല് നാട്ടിലേക്ക് വെച്ചത് ഇല്ല ഞങ്ങളുടെ നാട് ഉറ്റപ്പെടുന്നതിന് പിന്നോട്ട് കട്ടാണ് അച്ഛൻ ഞമ്മള അയാളെ ദേശീയനൊന്നും വേണ്ട ഞമ്മളാൻ മാസം ആണ് ഡോക്ടർ ീഡായിരിക്കുന്ന തക്കല്ലിപ്പ് മനീകിയാണെങ്കിലും അതിൽ നിരോധിക്കപ്പെട്ട തക്കല്ലിപ്പോൾ വളർന്നവർക്ക് അടിച്ചൊരു നിലപാടുണ്ട് അത് യോജിക്കപ്പെട്ടത് അപ്പൊ അതിൽ നടന്ന സീഡായില്ല അതിൽ നടന്ന അധാരത്വമോണ്ടാകും എന്ത അറിവും അവരോട് കൊൽ എന്ന് പറയുന്ന സൗദി സഭ തന്നെ വസതി എപ്പോഴും പ്രവർത്തനോട് കൊൽ എന്ന് പറയുന്ന വാർഷ ആകും സഭ ഒരു സഭഭാകും ഈ വസ്തു അടി അയാമോ അഭ്യാസമാണ് ഉറപ്പൊരു തീർക്കും ഞാൻ തീരോ കൊടുക്കുന്നിടത്തോ മറ്റന്നാൾ അടി ഞാനൊരു സീതി കൊണ്ടെൻറ്റ് മാറ്റം ഹയാൽ മതിയല്ലോ അപ്പൊ ഞാൻ തീരെ കൊണ്ടു തുടങ്ങി അല്ല അത് മുമ്പിൽ കൊണ്ടുവച്ചാൽ അത് അത് അഞ്ച് രീതിയിലൊക്കെ ഉണ്ട് മുമ്പിൽ കൊണ്ടുവച്ചാൽ താൻ ഉണ്ടായത്തായില്ല മുമ്പിൽ കൊണ്ടുവച്ച മറ്റാ ഉണ്ടായത്തായപ്പോഴാണ് ഈ തടവിൽ നിന്ന് കൊണ്ടാണോ ബാലൽ കൊണ്ടാണോ വായന കൊണ്ടാണോ മൃഗിൽ കൊണ്ടാണോ കിടപ്പ് ഈ ഭാര്യ താഴം എഴുതിക്ക് ആരാകെ എപ്പോഴും ഈ താമ വെട്ടുമെന്ന് പറഞ്ഞ് ഒന്നിന്റെ കൊണ്ടെ അനുവദിച്ചാൽ മതി ചില പറഞ്ഞ് ബാധിക്കുമല അയാൾ അത് ആരാരായി മറ്റേ മനസ്സിലാവും ചില വന്ന് പാൽ വേണമെന്നാണ് അപ്പം ചിലപ്പാടേ താങ്കൾക്കാണെന്നാ ഒന്നിന്റെ കൊണ്ടുവച്ചിട്ട് മാത്രം പിൻവലിച്ച് ഞാൻ ആദ്യം അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിട്ട് പോയി അഥവാ മറ്റാൾ കാരം വായിട്ടാല് ആരാനാകുമെങ്കിൽ വാഴ ഉണ്ടാകാൻ തീർച്ചയാണ് ആ വഴി കിട്ടുന്ന കുറവില്ല അടുത്ത് ഒരു മുമ്പിൽ കൊണ്ടുവച്ച് അനുവദിച്ചു കഴിഞ്ഞാൽ അതാരെ പിന്നെ നമ്മൾ കൊടുത്ത ആവശ്യമില്ല പുല്ലോണ്ടാവശ്യമില്ല അപ്പൊ അജീപനെന്താ വേണ്ടത് അയ്യത് ആൾക്കുക അജീബന്റെ മൂക്കമില്ല ഒന്നിച്ചല്ല ഒന്നല്ല എന്നാ ഓർക്കുമ്പോഴത്തെ എന്നാ എന്താ ഈ നല്ല സൽക്കാരായി മാറിയത് അവർക്ക് സ്വാഗതം പുറത്തെത്തി വരുന്നോ പോകാം മറ്റേ അമ്മ മധുരത്തെ നോക്കി കിട്ടുന്നുണ്ട് അപ്പൊ അയാൾക്ക് ബാക്കി വന്നു ഇതെങ്കിലും ഇത് ആഗ്രഹിക്കുന്നുണ്ട് അടക്കറ വക്കത്താൽ ആക്ലിന്റെ വക്കത്തേ പറയാൻ പോകുന്നു പക്ഷേ ഈ നാട്ടാത്ത പാടില്ല ഭാര്യ കുത്തു പൊക്കറങ്ങൾ പണ്ടാത്തലിന്റെ ഭാര്യ പോക്കിടൻ അത് നിലപാടുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പണ്ടാട്ട പുറത്തിന് പാട്ട് മാറ്റി അറിയാൻ ാണ് ഞങ്ങളുടെ കഷ്ടപ്പാടത്തിന് ആണ് മുതൽ മുളക്കത്തിനെയാണ് ആദ്യമെന്താ മറ്റുള്ള വസിനി കത്തിനെ സമയം പറഞ്ഞിട്ടു വയറ്റൂർ മുതൽ അതിലേ ഇന്ത്യ അഭിമുഖീ വയറ്റൂർ അഭിമുഖീകരിയാത്ര അംഗത്തെ ഒരു രോഗം പറഞ്ഞ രോഗം അതാണ് മാത്രമാണ് രാജ്യം കൂടി പഠിച്ചുക എന്നുള്ളത് യോഗങ്ങളും പറഞ്ഞു മാത്രം യോഗത്തിലാണ് ലോക ലീഗിൽ പൊട്ടത്തിൽ ചോദിച്ചു ആ ഇഷ്ടമല്ലാത്തയാണെങ്കിൽ ലോകത്താണെങ്കിൽ ഇതോടൊപ്പം കത്ത് ചിരിച്ചുള്ള സമ്പാദിച്ചു കച്ചാഘടന കനത്തിൽ അതിനോടൊപ്പം വിധിച്ചോളം പട്ടത്തിൽ വർഷം രാത്രി ദിവസം വാഹനവാദം നടത്താറുണ്ട് അപ്പോൾ യോഗത്തിൽ ചോദിച്ചു Hola, buenas tardes. Aquí les traigo la noticia sobre la estampida. Y bueno, vamos a comenzar con la noticia. പറഞ്ഞിട്ടുണ്ടാകാനും അന്നവും ലാൽക്കിലൂടെ എല്ലാ പാകത്തിൽ നല്ല പാകത്ത് വന്നാലേ കൊണ്ടുള്ളൂ ഗർഭാത്തിനോട് നമ്മൾ തൊട്ടില്ല പക്ഷേ വിദ്യാലയം കൊടുക്കുന്നുണ്ട് പാകത്ത് വന്നാലേ കൊണ്ടുള്ളൂ എന്ന് കണ്ടുപറഞ്ഞിട്ടുണ്ട് അല്ല പറഞ്ഞു കണ്ടുവരാമില്ല പിന്നെ ചോദിച്ചു ഒരു യോഗ ഊക്കിലെത്താം അതാണ് കാലിജയങ്ങളെക്കിലെത്തോ ലൗക്കലത്താണി കണ്ണെണ്ണായാലോ അത് ഊമജയങ്ങളെ ഉക്കിലെത്താം കീഴക്കാട്ട അനാഥത്തിൽ അവ മൂന്നായാലോ മൂന്നാലൗലക്കം ലീകരിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞോട് തൊണ്ണു പോകാൻ വിളിച്ചു മേലാക്കുന്ന അക്കാരെന്ന് കോഴിക്കോട് സ്കൂൾ സ്കൂളും കുട്ടി കീറ്റിട്ടേ മൂന്നേരം ഭക്ഷണേക്കും മൂന്നാമത്തെ ഭക്ഷണം താവില്ലല്ല അതുകൊണ്ട് അവിടെ കോരും കൂടെ വേണ്ടിയിരിക്കുമെന്ന് ആ വയകാത്തോളല്ല പണ്ട് ഇന്നാളും കസം കോടെന്ന് പറഞ്ഞാൽ അതേ രസം പൊക്കൂ വെച്ചെട്ടെന്ന് ട്രെച്ചിൻ ബസ്സിന്റെ അടിച്ചെല്ലാം കൂടെ ആക്കിയിട്ട് പറഞ്ഞ് ഒന്നും ഇടക്കാന്ന് സാറേ അടക്കതെ കോണ്ടോ അതേ താഴെ നെഴ്സിയും ബസ്ലേ എന്നാൽ പിന്നെ അന്ന് കഴിച്ചിട്ട് മൂന്നാമത്തെ തോന്നി നോക്കും വില മനസ്സിലായി രാമൻ ഒരു കോടി കൊള്ളി വിളി വന്നു അപ്പൊ അടുത്ത് വയസ്സ് വന്ന് ഉസ്താദ് കോലിന് കേട്ട് ഒരു കോലിന് ഞെല്ലി ഇതുപോലെ ഇതിനായി ആ എന്ന് പറഞ്ഞിട്ട് ഉള്ളി പോയിട്ടുണ്ട് കോലട്ടുണ്ട് അപ്പോ നമുക്ക് പറഞ്ഞ അതിന്റെ അങ്ങനെ ചുമത്ത മജാലൊന്നും വന്നിട്ടില്ല ഉസ്താദ് ഒരു കോല് അതാണ് മൂന്ന് വട്ടം തിന്ന രോഗി രണ്ടു വട്ടം തിന്ന ഭോഗി ഒരു വട്ടം തിന്ന രോഗി അതാണ് നിലനിൽ നിന്നുള്ള കരാമ പറഞ്ഞത് ഒരു വട്ടം തിന്ന യോഗി രണ്ടു വട്ടം തിന്നാ ഭോഗി സമൂഹത്ത് തരാൻ വെള്ളം മൂന്ന് വട്ടം തിന്നാലോ രോഗി പിന്നെ അപ്പൊ വൻ മുറാതും യൗമി ഇവിടെ യൗമയുടെ ഉദ്ദേശം വരാതല്ല നഹാരന്റെ പകൽ സംവിധാന നേട്ടവർന്നല്ലത് കോമിനാൽ പതിലിയിലുള്ള പതിനെ മുതൽ ഒന്നു വരുന്ന ടൈമാണ് ആ യോഗമോട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഏത് വെച്ചില്ല അൻപത്തിനാല് മണിക്കൂർ ടോട്ടൽ എന്നിവ ചൂടാം അപ്പോൾ അതേ സമയത്ത് രണ്ടു വട്ടം പിന്നാലെ ആരിബിലും അന്നൻ കണക്കും വല്ലാത്ത ഭാരം തോന്നിക്കലി ഒലബക്കി ഉൽ ഹസുമ ദഹനം അല്പം പിന്തും അഫുസ്ലാമിൽ മാറ്റത്തി അപ്പോൾ ആമാശയത്തിന് താമ പത്താതായി തുടങ്ങും ഇത് ജയിക്കണ്ട് കിട്ടിക്കിടന്നു അതാണ് ആരിബിലും ഉണ്ടാകുന്നത് അടുത്ത് ബി ആയിരത്തി അഭിഷേദന കൊണ്ടാട കൊണ്ടാടും അഫ്ലാളുമായിരുന്നു നമുക്ക് അഫ്ലാവുന്ന ആളൊരാൻ വണ്ടി കാണി ഒരു ടാമിന്റെ മതി മറ്റൊരു ടാമിനെ ഇതഹാലാക്കാൻ സ്വദേശിച്ചാൽ നീ നടന്ന സൂക്ഷിക്കണം മീൻ കാപ്പാ ധരിക്കുന്ന അതിന്റെ ഫെയിലിന്റെ മുമ്പാകൊണ്ട് നടത്താൻ നീ സൂക്ഷിക്കണമെന്ന് ഒരു ടാമിന്റെ കൊണ്ട് മറ്റൊരു താമർ നടത്താൻ നീ വെട്ടിൽ വെച്ചാൽ എന്ത് വേണം നീരൊരു ഹമാമിന്റെ മുമ്പാകുന്നതുകൊണ്ട് സൂക്ഷിക്കണം അപ്പൊ ദഹിക്കാതെ ഭക്ഷണം മറ്റ് ദേഹിക്കുന്നതിന് മുമ്പ് വാച്ചി കൊടുക്കണം അപ്പൊ ധരിച്ചതും അതൊരു ദേഹിച്ചുണ്ടാവും വായി പതിരൊട വെള്ളക്കുറുമൂലാണ് പതിലുങ്ങൾ വെള്ളക്കുറുമൂലാന്ന് പറഞ്ഞതാ പറഞ്ഞോ പതിനായ കൂട്ടത്തിലേക്കും ഉത്തരവ് നീ മാന ചമുഖ മകാലവും ബാധാ സദാർശ്വരം കലാ സർവീസാ അത് മരണത്തിൽ ആണ് അദ്ദേഹത്തിന്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 ജനാധി ആകുമ്പോൾ അവർ നാടുക ജനാധിപതി അഞ്ചി ആകുമ്പോൾ നഗരമാർ മാസത്തിൽ അവരുടെ അംഗീകാരം ഞാൻ മാസം കമ്പനി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 I'm out of bed. I'm out of bed. I'm out of bed. I'm out of bed.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 മാൂ അവർക്കൂടെ അതിന്റെ തെളിവാന അപകടമാണ് ങകകകണദഞ൉�ിസകഔാാടഄസജഞകച഼ചക഼കണായറളഭമ Hence ജാകകണഅകജവങകകകച Picas�ലറചികകചകകനഺൻകചികചനറകചച 살짝 ക Kristen ден começ rolog ഞó? Jae ины JS contributed했는데 manيت look a little bit of a little bit that you Jesus used to get from. ി ദശ്മി ശരത്ത് വരാറുള്ള കൃഷ്ണന്ധമുള്ള കുറിച്ച് നീങ്ങി ജീവൻ ഉണ്ടായിട്ടില്ല ശരത്ത് വരാറുന്നവർക്കൊരു അതിരൂപിച്ച് നടക്കുമ്പോൾ അതും വേണ്ട പങ്കു തഹാദി അപകടം ബീസ് കാറും ആ ചരവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് انا بيت عراما كشكي ناري نطق انه تماما كايستريم ما بلجتي ما يا رت عرامي انتعاب جو ريت جود كن مستحب انا كن انا غارين وقالا وطم ال جرم انا الاهتباد فيني ادري كثرت الايا دي محمد هو التصنياد كيتوند انا الجمر قوتا مايتنال لفراضي اوتكو تقلينا كانا തീരെ ഭക്ഷണത്തിൽ അത് കാരണം എന്താണ് അതിന്റെ അതിന് കത്തിനത്തില്ലയാതെ കാണത്തിന്റെ വേണ്ടിയിരുന്നു അപ്പൊ അത്തുറത്തില്ലായ അതിന് എന്താ പങ്കിട്ട് അതീതുകൊണ്ടിരുന്നു അതന്നെ കാണിന്റെ അറിയത്തിരുന്നുണ്ട് കത്തരത്തിലുണ്ടായ അതിൽ എന്താണെന്ന് പറഞ്ഞത് ഇരുത്തിമാറിനെ അവർ പത്നിയിലാക്കി എന്തിനേക്കാൾ അരക്കാൾ അരണ്പ്രാമിയെ തടഞ്ഞിരുന്നു തിൻ ആ തിരി കുന്ന വിഷയത്തെല്ലാം തിരി തടഞ്ഞത് ഈ തലാ അകത്തിന്റെ ബോധികളിൽ മൂന്ന് വജ് ചുവട്ടിച്ച പക്ഷേ മറ്റിനെ ഒരു പതിയെ പറഞ്ഞു അതിനിടെ കത്തലത്തിൽ അങ്ങനെ ഒരു വധികേ പറഞ്ഞുള്ളൂ മൂന്ന് വധിലുള്ളൂ പിന്നില് ഒന്ന് മാസി ദാരിക ഇരുത്തി മാസം വടക്കത്തിൽ ഹിസ്സീയ തീർന്നു മാനവീക ഹിസ്റ്റിയും മഴനീയമായ വടക്കത്ത് തേടിപ്പിടിക്കൽ എന്നത് അവിടെ ഉള്ളൂ അപ്പൊ താഴ്ച തലാദം പറഞ്ഞാല് പറഞ്ഞിട്ടുണ്ട لقد قلت لك أنت عيسيعي وعقفة ولي قولي عليه السلام واسلام وردوء جيكم يروء على الطعام جبارك لكم فيه أشتعام اللي والإجتماع آبوه نعتعام اللي قتمرك ترقفرون جنر عزيز أبداً لإعسيعي وردوء من نورك معنبي يروء ومعنم المعنبي يروء على الطعام جبارك لكم فيه ولي عليه السلام أنك لمعات مغفوري غفر له മഹപ്പുറമായ ഒരു വ്യക്തിയോടൊപ്പം ഉയർന്നിട്ടാളെ തിന്നാൾ അവന് മുഖത്തപ്പെടുക മണപ്പുറത്തിന്റെ വളരെ ഒരംസം അങ്ങോട്ട് ഒന്നിച്ച് നിന്ന് തീർച്ചയോ അത് മാനേജ്യാതക്ക അപ്പം എന്തോ മഹപ്പുറത്തോടൊക്കെ ഊന്നാൻ പാടുമെന്ന് പറയുമ്പോ മലപ്പുറമായ ആളോടൊപ്പം തിന്നാൻ പാട്ട് തീർച്ചയുണ്ടുപ്പം തുന്ന അല്ലെങ്കിൽ നിഗാത്ത കാര്യങ്ങൾ സംഘത്തിനൊക്കെ നടപ്പിക്കുണ്ടായി യും സൂറത്ത് മിസിറ്റിമാർ മിസ്റ്റലാളിപ്പൂർ നടക്കും ഹോട്ടലിൽ കയറിയ നാലർ പോയിട്ട് നാലാം നാല് പട്ടലുകൾ കാഴ്ചയ്ക്ക് മിസ്റ്റിലുണ്ടാകുന്നത് അപ്പൊ കഷ്ടപോ ചെല്ലോമാറും അതിനെ അഭിനയം അല്ല വണ്ടേക്ക് ശരിയായിട്ട് അതിന് അധികം അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളും ഒരു തള്ളി അറിഞ്ഞില്ല തക്കാർ ഉപയോഗിച്ചു പൊതുസരത്തിയോടെ തത്വം ജമാക്കും അപ്പൊ ആ ജമാനുവാദമായിട്ട് വർദ്ധിക്കുമ്പോ അത് വറക്കട്ടും മാറ്റവും ഇത്തരം എല്ലാ ഇതാണോ ഫോൺ മാറ്റലേ രണ്ട് മരക്കി ചിന്ത ആറ് വർഷത്തര അല്ലെങ്കിൽ അടുത്ത കൊണ്ട് പത്ത് മരക്കരെ രണ്ടാകും നമ്മുടെ ഗവർണർക്കും ചോദിച്ചു രണ്ട് മരയ്ക്ക് വീണ്ടും പത്തുണ്ട് ചില കുട്ടികൾക്കാത്ത നാനൂറ് വരെ കേട്ട് വന്നിട്ടാണ് നമ്മൾ ജമുണ്ട് കത്തമ്പോർക്ക് ജമാക്കുണ്ട് അവർ പറഞ്ഞിരിക്കല്ലേ മറ്റുണ്ടാകുന്ന കോഴി സക്ടറി മറ്റുള്ളവർക്കും കിട്ടും പോലുള്ളൂ ആവുമല്ലോ അപ്പോൾ പഴക്കത്തിൽ കുറഞ്ഞൂറും മഴ ആയിട്ട് മല ആഴ്ച പിന്നെ അറുതൂറ് എഴുതിയുന്നു വിക്കഥയും പഴങ്ങളൊന്നല്ല ജനങ്ങളെങ്ങി വക്കാനാൻ ശരിയാണ് എന്ന് പറയുന്നു അതിൽ വാക്കിലത്തും കുറവാണ് മഴക്കും വക്കത്തിൽ എന്നുള്ളത് ഉത്തരം വഴിപുടി മന്ദം പോലെയാണ് മുറാമാക്കുമല്ല നാളായി കുടിക്കാനുണ്ടായി ഒരുമാനമര ഇന്ത്യാണെ കുറിച്ചൊക്കെയാണ് ഗവരും പറയുന്നത് എന്ന് പറയുന്നത് ഇതുപോലത്തെ ബന്ധം എന്നൊരു സ്വകുപ്പുണ്ടാകുന്നു അതുകൊണ്ട് പന്തോ നിങ്ങൾ എനിക്ക് ചിന്തിക്കണം ആരോടൊപ്പം കൂടിച്ചാണ് കൃത്യം ചിന്തിക്കണേ ആ മണവായപ്പിന്റെ ബന്ധം ഇപ്പൊ മാസങ്ങളോടൊപ്പം കൊടുക്കില്ലെന്ന് താനീയ രണ്ടാമത്താരിക്ക് അതിലുണ്ടെങ്കിൽ അതായത് ദർമ്മം കൊടുക്കാത്ത ഒരു ആണിപ്പൊ കിട്ടില്ല അതുകൊണ്ട് കടത്തോഷം അതും ചെറുത്തണ്ട് സവാദം ഇതൊക്കെ മറ്റൊരാളൊക്കെ കൂട്ടിപ്പിടിച്ചു എന്തായാലും അതിനൊക്കെ പൊറാത്ത് വാങ്ങിയിരിക്കുവാട കൈപ്പാട്ടവരാട്ട പൊറോട്ട കൂടെ വാങ്ങിയിരിക്കുവാണെന്നായാലും നമുക്ക് കൂട്ടിപ്പിടിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് എനിക്ക് വാങ്ങിയിട്ടുണ്ട് ഒരാൾ നല്ല അച്ഛനുണ്ടാവും എത്രയാളും അതിൽ നിന്ന കുടി പുലി ഒന്ന് വന്നിരിക്കേണ്ട ഭാവിച്ച് ആരാക്കലൊന്നുമില്ല ഒരു കുടി കൂടി കുളി ഒന്നില്ല കല്യാണിന്റെ അച്ഛനുള്ള ഹീൻസ് ആണ് ഈ ഈ ഓന്റെ താഴെ സ്വഭാവത്തിന് മുന്നറിയിക്കുന്നുണ്ട് ഒരാളൊന്ന് തട്ടിരിക്കുന്നു അപ്പോൾ തന്നോ ഹിമത്തില്ല നാമ്പത്തിനുള്ളത് അപ്പൊ തന്നെ അറിയിച്ചോ ക്ഷേത്ര ഹിമ്മ അത് നാമ്പത്തിൽ അതല്ല അതാ അപ്പൊ ആദ്യം നോക്കുമ്പോൾ രാമത്തന്നെയായിരുന്നു രാമത്തെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലുള്ള കൂടെ തൽപ്പര്യം ഭക്ഷണ സ്ത്രീ അതിൽ എറസ് അഥവാത്തിന് നിങ്ങൾ ഈ ലാമി അതിന്റെ നൃത്തം പറയുന്ന ലാമെന്ന് വായിക്കുന്ന മാന ദാവി താഴ്ന്ന ശേഷം ഈ റബാലത്ത് താള അവസ്ഥാന ആരുമ കത്ത് ബഹുസുഖോ ആറുമ്പത്തു പോകുമോ അല്ലാത്ത ദുഃഖം അപ്പൊ ചുരുക്കത്തിൽ ജതാലത്തെ മാത്രമാക്കിനെ ചെയ്തവർക്ക് എന്താണെന്നോ ആദ്യ രണ്ടാമത്തെ കാലത്തിന് പത്തിൻനാണീറ്റിലുണ്ട് ഷഹുൻ നാസി മൻ അക്കല വർഗമോ ഒറ്റ കിട്ടുന്ന ഒരാളാണ് ശഹുൻ നാഥ് വളർന്ന അഭിതമോ അതിൽ ഞാനിച്ചിട്ടുണ്ട് മനാധിഭുതമോ അവന്റെ കിട്ടുന്ന സഹായധാരണങ്ങളും കുറിച്ച് രാജിക്കും രണ്ടാർത്തന്നാൽ ഇത് സഹായധാരണം വർദ്ധിച്ചില്ല അങ്ങനത്തെ ആളാണ് എന്നാൽ നവത്തിൽ ഷറയ്യത്തിൽ ഷറയ്യ മർവത്തിന്റെ വയ്യ കൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത് എന്തൊക്കെയാണെങ്കിൽ ഒരു ശബുനാഥത്തിന് ണ്ടാവും അഭിനയിപ്പം ഉദ്ദേശിച്ചിട്ട് സാറ് പഴക്കൊന്നും പോലെ പഴക്കം മുറച്ചൊക്കെ ചോദ്യം ചിലമുറക്കുന്നുണ്ടാവുന്നതാണ് ഇങ്ങോട്ടുകാർ ചിലവർക്കും ഒരാൾ കാണാൻ വന്നിട്ടോ അത് പതിനിക്കുന്നില്ല തഹരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ കാണാൻ പറഞ്ഞതാണ് എനിക്ക് ഇതും മുഴുവൻ ഉണ്ടായാലേ ഇയാൾക്ക് പണി നോക്കുക എന്നുള്ളൂ അല്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം വയസ്സിൽ നിന്ന് പണിക്കുന്ന ഇതെന്ന് കുറച്ച് അവരുടെ അവർക്ക് ഞാൻ ഇങ്ങോട്ട് വന്നുകൊള്ളൂ അത് കുറച്ചാണ് എന്താ അപ്പോ കൂടുതൽ ഓണം ഞാൻ നടക്കുവാൻ വരും അത് സർക്കാരിനോട് കുറച്ച് ഞാൻ നിൽക്കുന്നുണ്ടല്ലോ പണിക്കാനുള്ള പണി ഞാൻ ഇറക്കു വേണ്ടി അതുകൊണ്ട് ഞാൻ എനിക്ക് നശിച്ചിട്ടില്ല ഞാൻ നിൽക്കും കുറച്ച് മനുഷ്യന്റെ അവസ്ഥ ഉണ്ടാവില്ലല്ലോ ആദീപ്പോഴാണ് ആദിയോ അപ്പൊ ആദിയത്വ ശരയത് നോട്ട് വന്നാലോ ആക്രവാദവും വെക്കുക അറിയുകയും ചെയ്യുക ദൈവം ഇങ്ങനെ കിടക്കുകയും ചെയ്യാം തീർച്ചയായും അപ്പൊ ശമ്പളം ففي دارك ما من دار قبل ان تصداه <ترق> رسول الله صلى الله عليه وسلم ان اتبع امره عاده ما لقيتوا فكان عليه احترام الراعي ودار من دام ثمولا الا امر ابوثي لابد اي كتبت الايادي فكتبت الايادي قول امرت تقول لا نرا ولا وكان سيدنا ابراهيم الخليل عليه السلام كانوا ഇത്തരത്തും പങ്കെടുക്കൊപ്പം ഉണ്ടാക്കിയിട്ട് എന്ന് തോന്നി അതിൽക്കോ നിങ്ങൾക്ക് മതപസതി മാറ്റാക്കുന്ന സ്ഥലത്തേക്ക് നോക്കുകയോ എന്നൊക്കെ ഉണ്ടെന്ന് വരുന്നതാണ് ഈ കുട്ടി ജനങ്ങളായിട്ട് കുടുങ്ങിയാകും ഈ രാജ്യങ്ങളിൽ ഈ ഭാഗം കേന്ദ്രതാടാ കിട്ടാൽ മതി എന്ന് മാത്രമല്ല ഓരോമാക്കാതെ ജനഷൻ അജ്ഞാനത്തെ തലമുറങ്ങൾക്കൊരു മാോ ഒന്നിച്ച് കൊണ്ടാൽ റ്റി പറയുന്നത് കറക്കൾ എന്തെങ്കിലും വേണമെങ്കിൽ പറ്റും മനസ്സ ആണ് അപ്പൊ എന്തെങ്കിലും ഒന്ന് നടക്കല്ലോ അപ്പം പ്രസംഗിക്ക് പറഞ്ഞില്ലാതി അത്തരത്തിൽ അയാതി എന്ന് പറയേണ്ട ഇല്ല അവസാനം പറഞ്ഞത് കാണി അയച്ചുള്ളൂ എന്നാണോ ആ അത്യൂസൊക്കെ പിന്നെ അവധി ജയിക്കാനാകട്ടെ ഈ മൂന്ന് പ്രയപ്പെട്ട കമ്മിക്കാം അപ്പൊ മൂന്ന് ഉൾക്കൊള്ളിക്കുന്ന നാഗത്തിലെ പൊതുവെ കഥവത്തിൽ അയാളിൽ നിന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അത് എതിലുണ്ട് വർക്കത്തിൽ നിശ്ചയിതുണ്ട് പിന്നെ എക്സോ ടീച്ചറിക്കാതിരിക്കാനുണ്ട് എത്ര കാര്യമുണ്ട് അത് കിട്ടി കഴിഞ്ഞാലും മതി മൂന്ന് കിട്ടിയല്ലോ വൻ അയാദികൾ ജമ്മു ഐദിനണ്ട് ജമ്പു എതി അതുകൊണ്ട് എതിന്റെ ജമ്മി ഐദന്റെ അയാദി അപ്പൊ ജമ്മു ജമ്മു ആരാമകൾ വേറെ രാധാവെന്ന് പറയുന്നത് അതാപൻ കോലാം നിറത്തിൽ വലിയ മറ്റൊന്ന അനാവശ്യമായി കീർത്തിക്കേണ്ടി വരും രണ്ടാമത്തെ പെട്ടല്ല അന്യവും വാറാകെടുക്കരുത് ഇഷ്ടത്തിൽ അതില്ല പക്ഷേ അത് ഇരിക്കാൻ പറ്റില്ല ഇരിക്കാമെന്നു തന്നെ വരമനിക്ക അത് ചോട്ടപ്പെടും അപ്പോ ഇരാക്കാനാ വജിൽ മാതാളോട് ഇമ്പിസാത്ത അതെന്താണ് ഇമാൻകെല്ലത്തി എത്തിച്ചാതി വൗക്കേ ഒരാളെ കണ്ടാൽ അയാൾ ആദരിക്കലും ഒരു നാടൻ നാടിച്ചു ബഹുമാനിച്ചത് ശങ്കിച്ചത് ടൗക്കേയോ അത് കുറഞ്ഞു പോകുന്നുണ്ട് വഴി പ്രൊതുക്കും പോകാം ഒരു വലിയ കളിന്റെ മാസയിലേക്ക് മാറും അപ്പോ സോഫിയറ്റ് ഇത് ചെയ്യാറില്ല എന്ന അതിന് അർത്ഥം എന്താണെന്ന് ഞന്റെ അർത്ഥം പറയുന്നു ഒന്ന് പരസ്പരം ലിമ്പിസത്തിന്റെ തബയിൽ കൂടി മുലാഹത്തിന്റെ തബയിൽ കൂടി ചെയ്യാറില്ല എന്നാണ് ഒരു മനമരി ഞമ്മൾ കാണിക്കാം ഈ എൽക്കാവ് മാതി എന്ന് പറഞ്ഞ് ചുമത്തണം അപ്പൊ ഇതാ കാണാനാവുന്ന ലിംബിസാദത്തിൽ ഒരു മുലാകത്തി ആ പത്തോട്ടവിക്കാത്തത് എരുതക്കുന്ന ശാമും ചൌഖ്യവും വന്നു കളിയും ശാമു ഒരാളെ ചങ്കിച്ചു പറഞ്ഞു നിങ്ങൾക്കുള്ള കഥ നിങ്ങളുടെ ബഹുമാനിച്ചുണ്ടല്ലോ ചൌഖ്യവും അതൊരു കഴിഞ്ഞപ്പോഴത്തേക്ക് മാറും അതല്ല രണ്ടാമത്തെ ഒരു മാമില് പറയുന്നത് ഭാവി മറ്റാകു കൊണ്ട് വന്ന ആ ഈ പറഞ്ഞ ഉദ്ദേശം ഈ ഭാവിയും ബാധെന്ന് പറഞ്ഞാല് രണ്ടു മാമലുണ്ട് ഏതിന് ഒഴിവാക്കിയെന്ന അർത്ഥം പരസ്പരമുള്ള പക്ഷെ മത്തിന്റെ നെറുക്ക് നേരെ പോയാൽ മാമിൻ എന്ന് പറയുമ്പോൾ ഒന്നും ഒന്നാമത്തെ വരുന്നു ആദിമിന് കൊടുക്കലല്ല താമുകൊണ്ടുവന്നാൽ ആദിമിന് ഇൽ കാമു ചെയ്യൽ എന്നാണോ അവർ ചെയ്യാറില്ല എന്ന് പറഞ്ഞത് അപ്രാമസുലമിർ മാനു സുലമിന്റെ കോലുണ്ട് അവിടെ അന്വേഷണം സന്ധ്യാ അബ്ദു അബ്ദുറഹ്മാൻ സുലമി റബിൾ അപ്പോൾ അബ്ദുൾ റഹ്മാൻ കാർത്തി ബൈസ് ഉണ്ടാക്കിയിട്ടില്ലേ അതിന് പറഞ്ഞു ഈ ബൈസ് മുപ്പാർ കരാം അബ്ദു അബ്ദുറഹ്മാൻ സ്ലമി അഞ്ഞൂറ് കാലത്ത് മുപ്പത്തി ഈ ബൈസ് ഉണ്ടാക്കുന്ന എട്ടാം നൂറ്റാണ്ടുകൾ അപ്പോൾ അബു അബ്ദുറഹ്മാൻ്റെ സുലമീന്റെ കൗലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നു അബു അബ്ദുറഹ്മാൻ പണ്ട് പറഞ്ഞ കൗലിനെ മൂപ്പറുണ്ടാക്കി എടുത്തു വെച്ചിട്ട് യുക്തി പറഞ്ഞു വൈസർ അത് ഇതിനെ വൈസാക്കാറുള്ളത് പോലെ അങ്ങനെ വെക്കുമ്പോൾ സുലമീന്റെ കൗലിലേക്ക് നോക്കുമ്പോൾ ഹാദിമെന്ന് തിരിച്ചു കൊടുക്കുക എന്നതാണ് ഈ ബാനുവും ലിബാനി എന്ന് പറഞ്ഞത് അപ്പം ബാഗെന്തായി ആദിമു ബാനുവും സോഫിയത്തിൽപ്പെട്ട ചിലർ തിരിച്ചു കൊടുക്കലില്ല ലിബാൻ ഹാദിമ നിങ്ങൾ പരസ്പരം എന്നാണോ അർത്ഥം അങ്ങനെയാവാം അപ്പൊ കരിയ അക്സും അക്സരീയങ്ങളും വെറുത്തിട്ടുണ്ട് തൽക്കൈമമായി അഹതിമഹും ഹാദിമ്യായ ആകൃതിട്ടു കൊടുത്തില്ലേ മിംമാമിയായും മൈനായിരെയും ഒന്നും എടുത്തിട്ടുണ്ട് ആ ആദ്യം വന്ന ആൾ നയിപ്പായി കഴിഞ്ഞാൽ ഓർക്കിട്ട് കൊടുക്കുന്നവർക്ക് സ്വന്തം ബസ്സൊന്നും പാടില്ലാന്ന് വരും ചില കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് വരണ്ടല്ലോ അതെ കുറിച്ച് അത്തവരെല്ലാം വന്നാൽ അങ്ങനെയാണ് ഒരർത്ഥം കാലഭാഗവും തകാല ഭാഗവും അപ്പൊ ചിലർ പറഞ്ഞ് എം ഡി ക്കുഹുൽ നിഹാറു കഴിഞ്ഞു മുമ്പിൽ ഹാജരാക്കിയാൽ എന്ന് അതാണ് നമ്മുടെ നേട്ടം പറഞ്ഞ അറിഞ്ഞതാണ് മുമ്പിൽ കൊണ്ടാൽ തന്നെ വക്കാല ഭാഗവും ചിലർക്ക് ബിൽ തനാവലി അത് തനാവലി കൊണ്ടേ മിൽക്കാവുള്ളൂ എന്നാ വകാലഭാഗം ബിൽ ഉപകരിച്ചിട്ട് ഫമി ഫമിൻ ഇട്ടത് കൊണ്ട് മാത്രമേ വിൽക്കാവുള്ളൂ അപ്പൊ ഈ ഫിലാഫിലൊന്നും നിൽക്കണ്ടല്ലോ അപ്പൊ മുമ്പിൽ കൊണ്ടുവച്ചാൽ ബാധിച്ച് വേടാടുത്താരി ടസ്വറും പാടില്ലാത്തതി കെയർ ജിയിലായി മാറിയില്ലായിരുന്നു എങ്ങനെയായാലും ഒരു ഫിലാഫ് എന്നല്ലോ മുമ്പിൽ കൊണ്ടുവച്ചാ തന്നെ വിൽക്കാവുമെന്ന കോലി പ്രകാരി നടക്കുള്ളൂ ബാധിച്ച് അല്ലെങ്കിൽ ഉത്തരക്കാർ കൊടുത്തേക്കാളും ഒന്നുകൊണ്ടാൽ എല്ലാവരും കൂടെ ഉസ്തരം കണ്ട വക്കാല മാർഗവും ചിലർ പറഞ്ഞ് ജിസ്തീഫ എല്ലാത്തിനെയും പിന്നെ പൂർത്തിയായി കഴിഞ്ഞാലേ വിൽക്കൗണ്ടു എന്ന് പറഞ്ഞതാണ് കുറച്ച് നടപ്പും കൂടിപ്പോയി കൊന്ന കഴിഞ്ഞു പാറ്റിത്തി കഴിഞ്ഞാലേ വിൽക്കൗണ്ടോ എന്ന് നല്ല കാര്യങ്ങളൊക്കെ തന്നെ വക്കാലം ജോലി ചെയ്തോടിയല്ല എന്ന് പറയുന്നു തനന്തൽ നേരത്തെ ഭൂക്കവാസന്മാരെ റാമത്തിളങ്ങുന്നുണ്ട് எந்தவொரு ஃபைனலும் நடக்கறது இல்லை இல்லா பீதா பீதா முக எல்லாரும் ஓர்துனார் இல்ல ஒன்னே காரியமா பீதா அந்த சொந்த தால்பன் நிறுத்தி வச்சிட்டு பாதாக்கு மொமரே ஒருடானால லாயிசுன ஆலம புதீன் வலக்க ரபீன் கஸாதா ஆ பீதார கொண்டு ஓர்துனார் உள்ள அக்கா அதரதா குக்கடகம் மரம இர்ஹமத்தர்க்கு வந்து இன்தஹ கலாம்ஸ் இருந்துதுரும் பாயேனும் போய்ச்சுதுமே மாட அந்த மடா மறு முதலால நம்ம கொண்டு போய் போட்டுடுங்க யோனமோ சமர காரம் பட்டு ആ പണതാണ് എല്ലാരും ഇടാക്കല്ലത് അപ്പം ഈ സുനന്ദി പറഞ്ഞ ഈ കലാമ് മുറങ്ങാൻ എന്ത് വന്നു തൽക്കീം നക്കൂഹായ തൽക്കീം ഏതാണ്ട് ഇന്ന വാറൽ ഹാദിമിന്ന കൊടുക്കൽ എന്നതാണ് ഇപ്പം വന്നത് പക്ഷെ ലാഗിൻ കൗലുൻ ആദിമി ബൈക്കിൽ പറഞ്ഞ കൗലും വളക്കീറ്റ് പറയുമ്പോൾ എന്ത് വന്നോ അവരെ ബാഗ് അവരിൽ നിന്നുള്ള ഭാഗം തന്നെ അർത്ഥം കിട്ടേണ്ടത് എന്തുള്ള നായിൽ പൊക്കളാകെ മാറും പരസ്പരം തൽക്കിയുമാക്കെ കോടി ഇരുന്നാളുകൾ പരസ്പരം കീർത്തിക്കുക ഇങ്ങനാക്കരു ചലാ തട്ടത്ത മമ്മിൽ അല്ലിസാദ് കളിയും തമാശ ഇറക്കുന്ന രീതി വരുമല്ലാ അതാണ ഒരു കളിയും മാറുന്നുണ്ടല്ലോ അപ്പൊ ഫസ്റ്റിലേക്ക് ചുമത്തി വമ്മ ഇതാക്കാൻ അല്ല വലി തവർമുക്കി തവർമുക്കിന്റെ നിരക്കാണെങ്കിലോ അയാൾ മിമ്മം തുറഞ്ഞത്ത് ആഗ്രഹിക്കുന്ന ആളെ വക്കന്നുണ്ടാക്കി അയാൾ നടത്തിട്ട് ഇതൊന്നും പറയാൻ വലിയൊരു ചേഫ് വന്നിട്ട് സായി വന്നിട്ട് ഇത് വന്നിട്ട് അത് മോശം എന്ന് പറയാൻ പറ്റൂല അറിയിപ്പിച്ചാത്തല്ലാപാ അല്ല അതുകൊണ്ട് തിരക്കൂല ഒരിൽ മുത്താശീ മുത്താശനീങ്ങളായ മസാലിസന്മാർ കണ്ടെത്തി ഉറുക്കൊണ്ട് അതിലേക്ക് ഒരുപാട് ഇസ്നാദികളും തെളിയിക്കൊണ്ട് അങ്ങനെ നടന്നിട്ടുണ്ട് അപ്പൊ അത് നടത്താന്ന് പറയാൻ പറ്റൂല വലിയ അഗ്രാന് തന്നെയാ നേട്ടാ വിലജീവം ഇനി വക്കോപി അനിയത്തിന് മറക്കത്തി ഒരു മറക്കിന്റെ അനിയത്തി അങ്ങനെയും തൊടിപൊടിക്കാം ഇനി നമ്മൾ ഷിഫായി ചോദിയിട്ടുണ്ട് ആനകളെ മനസ്സിലാത്തവണ് ഷിഫായി ചോദിച്ചിട്ടുണ്ട് ബ്രിന്യത്തിൽ വന്നിട്ട് കുറച്ച് വർഷം കൊണ്ടാന്നു തങ്ങളോട് അത് എടുത്തു കൊടുത്തു ആരെല്ലാം മായുണ്ടതുകൊണ്ടിരുന്നു മായിന്റെ എടുത്തു കൊടുത്തു അത് എന്നാലോട് കൂടി ബ്രാന്തമാറഞ്ഞു ിന ഇത്ര പേർ മാറന്നാളെന്ത് അസം താങ്കൾ ചോദിച്ചു തങ്ങൾ കൊന്നു എനിക്ക് തന്നോ അപ്പനാവിയെ തങ്ങളെ മുമ്പിൽ എടുത്തു കൊടുത്ത് ആ ഒരു അത് അതുകൊണ്ടാ ഇല്ലാമിനീ സീക്ക തങ്ങളെ വായിലുള്ള കാര്യത്തിൽ കൊണ്ടുവരുന്നു അപ്പൊ ഉദ്ദേശിക്കുന്ന ആളാ വക്കൾ ഇത് വന്നത് പനാ വരാ നമീസ് ഉള്ള ആളെ അനിയവസം വക്കളാത്ത പൊണ്ണങ്ങൾ അവസരം കരീരത്തിൽ കയായ പൊണ്ണങ്ങളായിരുന്നു ഈ ഭക്ഷണത്തിന് തന്നെ കൂടി പൊണ്ണങ്ങളായി മാറി അയാൾ തിരിച്ചു വന്നു ആദ്യ ബുദ്ധിൻ്റെ അത് ഉണ്ട് അയാളിന്റെ പാട്ട് പൊണ്ണങ്ങളായിരുന്നു അതോടുകൂടി കളിയ ബുദ്ധിൻ്റെ തിരിച്ചു വന്നു സുപായം വക്കതു ചേരാൻ നടന്നു വന്നിട്ടുണ്ട് ഈ ബർക്കത്തിൽ ചുർക്കില് ഇതപ്പൊളിപതായിരിക്കും പിന്നെ ഷെയ്ഖിന്റെ വർക്കം ദടപ്പെട്ടെങ്കിൽ ആ വിശ്വർത്തി കൂടി ഇതാ തൊലിബകാലിക്കം പിന്നെ ശേഖന്റെ അവർക്ക് ഇടപെട്ടാറുണ്ടാക്കണം അതൊന്നും കുറച്ചു കൊണ്ടപ്പോന്നെ ആർക്കത്തോ ശേതല്ല പർക്കത്താക്കലായിരിക്കുന്ന വേറെ ആളായാലും മതി പക്ഷെ വലായുക്കന്റെ ഭീ മല്ല അരുത്തിന്റെ പൂഹവും തേടാത്ത ഒരാളെ തകരിപ്പാക്കാനും മാത്രം ചെയ്യാം നല്ല ചർത്തോട് കൂടി അങ്ങ് നടപ്പിലാക്കാം നല്ല വലിയ ആൾ വർക്കത്തിൽ വരാണെങ്കിൽ ചെയ്യുന്ന അതാ അങ്ങനെന്തല്ല തേടിയ വെക്കുക തേടാനാ ആ പടിവാര അത് വെച്ചാൽ തോന്നി ാക്കി പനി രണ്ടാമത്തെ കഷ്ടം വലം ഞുജില്ല ബസറഹോമൽ പറഞ്ഞു പറയാൻ പോകുന്നത് മത്തിന് ചെറായി കുറ്റിക്കണം ഇരാ ഇരാക്കാർ നോക്കി ആഴത്തിൽ അഗ്ന രാജാൽ വലം ഞുജിൽ ആ ചിയിലൂലാന്നല്ല അപ്പൊ വലം ഞുജിൽ അങ്ങനെ വയ്ക്കത്തി വലം ഞുജിൽ ബസഹ ഹോമ്പൽത്തോക്കുന്നില്ല അല്ലെ <rium> ും ബസറിനെ നർത്തിക്കൂല ലാ യുരാമഞ്ഞ് എങ്കിലും ഓണപ്പുറുന്ന ആളെ മോത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കിക്കടേ അത് ഓക്കെ തിന്നാൻ കൊടുക്കുന്നേത്തുള്ളൂ അത്താ മാത്രീസി പ്രാർത്ഥിക്കാം നിന്റെ വായ്മടത്തോപ്പ് നടത്തം വരുമോ അങ്ങനെ ആക്കില്ല അത്ര മാത്രം നിന്റെ ഭാര്യ ചെലവുകൊടുക്കാൻ സാധാരണ ഇഭാഗത്തായിട്ട് ആറില്ല ആഗത്തിൽ എന്താക്കു കൃത്യ കൊടുക്കുന്ന ഇഭാഗത്തിന്റെ ആരും കൊണ്ടാറില്ല അതിനും കൂടി കൂലിയുണ്ടെന്നല്ല അറിയിച്ചു കൊടുക്കുന്നു ആ രീതിയിലുള്ള സാധനങ്ങൾ ഇത് മുലായത്തിലല്ല അതിൽ എന്തെങ്കിലും എന്താക്കാം അത് മുലായകത്തിന് വേണ്ടിയിട്ടാണ് പലങ്ങൾ മുലാമത്തെ ജാഹീസാണെന്ന് വേണ്ടി പറഞ്ഞില്ല പള്ളങ്ങളെ മനസ്സമാരംഭിക്കാൻ അയ്യെ നിക്കാൻ ആവുമ്പം ഞാൻ മോദിയിട്ടുണ്ട് കളിന്റെ മാലകൾ വാട്ട മത്സരം നബിസുന്ന മത്സരം വേണ്ടി ആരാജയിക്കുന്ന നോക്കാമെന്ന് പറഞ്ഞ് തോണ്ടി തങ്ങളെ വെച്ച് തോറ്റു കൊടുത്ത് തോറ്റെടുത്ത് ബാധിച്ചി വിജയിച്ചു എന്നൊക്കെ മാനസികൾ ആ മത്തുലും നോക്കണം ചെറിയുണ്ടെങ്കിൽ പറഞ്ഞത് അമസ്താണെന്ന് കാത്തി കളിയും وَيَمْكُونَ عَابَاهُمْ وَرَبُّهُم بِالْمَاثَرَمِ يَنُوكَارُهُ انْتَوْണ്ട ലിമാതി ജാലത്തിൽ ബസരി ബസറു മീതിയനെ സംഭവിക്കും യഹദഹീം മതോരാനകാലകരണ്ട തുവന്ന നോക്കിനാളി വഖീലത്തുൽ മർവതി മാഹും അവരോടോപ്പം ഒരു മർവതിന്റെ قربം സംഭവിക്കും നോണ്ട പാഇന്ന ഐ അഖൽ ഇൻസാന ഇൻസാന ഹവസ്ത ഫിയാനലക്രി തുന്നുന്ന നേരത്തെ വസിയത്തുൽ മഹാ മോചപ്പെട്ട ആരാനാ അതൊന്നും മനറുമുളിൽ നോക്കിക്കട്ട് എന്തോ ഭയങ്കര എന്തിനോ ഉണ്ടാവോ മന്റെ മുഖയല്ല എപ്പോ ലാട്ടീ മിതാക്കാനെ കബീരസന് വാഴ്ചാൻ പ്രത്യേകിച്ചിട്ട് വഴിക്ക് ചവക്കലിനും പൊട്ടിക്കേണ്ടാലും നടന്നോ ഞാൻ എന്തോ കോലക്കേടുകാർ നവക്കെടുക്കാനും ചില മഹാന്മാരായിരുന്നു തറക്ക അക്കലത് ഹറ്റാകളിൽ മതസി മതവിന്റെ ആവശ്യമാകുന്ന ഭക്ഷണമൊന്നും കഴിക്കൂല അവർക്ക് ഒഴിവാക്കി കളഞ്ഞു അതാ ഹയാ അന്നാനത്തോട്ട് ഹയാ കുന്നതിന് ഇക്കിയാ ഭക്ഷണം കഴിക്കുമ്പോൾ ചവക്ക് നീൻ പിടിക്കുന്നു ഞാൻ കുതിക്കുന്നതെല്ലാം കാണുമ്പോ അസാനും ചിലർ പോത്താരിഹീ കമാറ്റിലുള്ള നിഹറാജരാക്കുമ്പോ നിങ്ങൾ തത്രുള്ളല്ലേ ചെയ്യാറുള്ളൂ എന്നതുപോലെ തന്നെ എന്താക്കണം ബാറ്റിലേക്ക് ഇഹാരാക്കുമ്പോ തത്രു പോകണം അപ്പൊ നോക്കിക്കമ്പ കർമ്മം ചെയ്യുന്ന കുന്നാമാണ്ടക്കെള്ളം പിടിക്കുന്ന പബ്ലിക്കുന്നുണ്ട് ഈ ശത്രുവും ഇത്ഹാദാന ഈ താമ ഇത്ഹാനാക്കാൻ വേണ്ടി നിങ്ങൾ നാം ശത്രുവാക്കണം ഏതുപോലെ തത്വത്തിൽ മൂലം ഇഹാദി അതുമാരി പുറത്തേക്കുമ്പോൾ നിങ്ങൾ സോലെ അതുപോലെ തന്നെ മടങ്ങുന്ന അതവിന്റെ ജനത്തിൽ കൂടിയുള്ള വാതിപ് അല്ല എന്നുള്ള താഴെ ഉണ്ടാക്കാൻ പാടില്ല ആഗ്രഹങ്ങളെ മൊത്തത്തിൽ നോക്കാൻ പാടില്ല വല എത്തിപ്പാലും വരാത ഐരിഹി വെള്ളം കൊണ്ടോ കൊണ്ടോ തല്ലുന്ന മള്ളയിൽ കൂടി പോയി നോക്കി നിൽക്കാനും പാടില്ല അതെങ്കിലും തിരഞ്ഞെങ്കിലും വലിയ മൊത്തം വലിയ ദേവകളുണ്ടാവും അത് ബെച്ചിലെ കൂടുതൽ ഏറെക്കിച്ച് പോയിക്കും ഇതുകൊണ്ട് ഇങ്ങനെ നടത്തി ഇങ്ങനെ നടക്കുന്നുണ്ടല്ല ولا رايد برجع معروفا الى عندو الا خنافه ما يسالم ارباب الدنيا في <تصفيق> الملائم تكرر الكلانات لرباب الدنيا ثينين يذاغون اذا اوري انه بني جميعا وينரتمrangle மற்றவங்க போற டீ ஆ நம்ம தற்கு மொதின் போடுங்கட்டு கஷ்டிக்கிறது நம்மக்கு பெரிய ஆயிட்ட தோணும் அப்ப اربابும் தான் رواiriya والخير كله في الاتباع കൈര് ഒഴിവ് നിൽക്കുന്നതിലാണ് ഇഫ്റ്റിബ ഇതാണ് പക്ഷേ ഉള്ള കൊല്ലവും ഹെർവാറുള്ളത് അപ്പൊ ഇന്നത്തെ ടബാബു ഞാൻ ചെയ്ത് കണ്ടിട്ട് പോലെ കട്ട അത് ഇത്തിബനല്ലോ അത് മാർപ്പ് യോഗത്തിൽ എന്ന് പറഞ്ഞു അതെല്ലാം വിളി قال ماركه رضي الله عنه وقال ابن ماكان قال ماركه رضي الله عنه كثيرا ما ينسى حال بيت وفير امورنا تاتي ما كان سنه وشر المرون من تاكل بداي او نوت وخير امور الناس رجوه في النجاريات تو خيره ما كان سنه سنه كثر عادان اذن خير امور وشر المرون بردقات محدثاتا ونو ان البداي മതി എന്നുവെച്ചാൽ ഉമ്മിന്നാഹ വേറേക്ക് സൂചിപ്പിക്കുന്നു അത് മുൻലാ ഹതിറക്കാം താമരീകരിച്ചിട്ടുണ്ട് എന്ന വായ്പായാലെ കാത്തിരില്ല പക്ഷേ നമുക്ക് തൂന്നം നടന്നു പറയുന്നു താൻ ഹാമരാ ൃത്വുമില്ല തിരുക്കാർ വരം അവർ കാണുന്നില്ല എനിക്ക് നാളും കാണുന്നില്ല അതെന്താ തിരുക്കാരിൻ ഒരു തിരുക്കാറില്ലാതെ കൊണ്ട് തമ്മിൽ ഇങ്ങനെ പോകുമ്പോൾ കാത്തുനിന്ന് കൊലക്കന്മാർ കാത്തു നിന്ന് ഓരോ പരവിലാണ് തമ്മിൽ പോക്കുന്നോ അച്ഛാ ഒന്നായില്ല മലയാളില്ല അവരെ ബാദ്രില്ല അദ്ദേഹത്തിന് ബാദ്രിട്ടില്ല ും കാത്ത് നിന്നിട്ടല്ല നമ്മളെന്താ അയാക്കുള്ള വീടാണ് മാറ്റി വെച്ചത് ബാക്കി വീടൊന്നും തോണി അയാക്കിൻറെ മാറ്റിവെച്ചിട്ട് വായ്പ കാത്തിന്റെ തോണി ഒത്തിരി കുടിപെടപ്പെടുത്തിട്ട് വരുത്തി ചിലപ്പോൾ നിൽക്കാണെന്നു നോക്കി നിൽക്കാത്ത പുസ്തകത്തില്ല എന്നാളെല്ലാം കാത്തിരിക്കുന്നത് എല്ലാം കാത്തിട്ട് ബുദ്ധിമുട്ടും തോന്നിയത് ആവശ്യമില്ലാതെ തക്കത്ത് പാലിക്ക് സംഭവിക്കും ഈ വായുവിന് സംഭവിക്കുന്നുണ്ട് മറ്റൊന്നാമി മിനെഹാനത്താകെ ബിന്ദി ആലിന്ന് വെച്ചാൽ അത് ഒരു നാടയില്ലാതെ ഉപേക്ഷിച്ചിട്ട് നട വച്ചിട്ട് നാടില്ലാതെ നടക്കട്ടല്ല ആരുമില്ലാതെ അവിടെ അതോടൊപ്പം വിശക്കുന്ന ആളോ ഇയാടുന്നപ്പം വരാത്ത തയ്ച്ചിട്ടുള്ള കത്തുമ്പോ അവ മൂന്നാമത്തെ കഴിച്ചും കൂടെ ബുദ്ധിമുട്ട് വായുവിന് ബുദ്ധിമുട്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് കാത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരാ തീയമ്മൻ പകുതി ലായേക്കുലൂനാണെന്ന് വരണ്ടെ ആ ലായേക്കുലൂന ഇല്ലാ നിർത്തിയാ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ലോണം വിശന്നാകെ തിന്നുകൊണ്ടോന്നു അപ്പൊ ഇനി പോയാ വിശപ്പ് തയ്ക്കാൻ நிவன மாத்திரமன்ன வலிอันนハاضره مقطب الحق عن الغائب حاضر غائب وانا حاضر اكوนിക്കன معناته حالتا اكوนിക്കன معناتான قانونو قار আবু عبد الرحمن 바흐스님이danu बोलतो येते बोलतो വയഖറവ ലിന്ദिला ഇൻ ഹൂരി തആമില നേരത്തെ പിണ്ടിനാ ഗറഹത്താന വഖദ് കീറ പറണ്ട കൊരോവല്ലഹ ഹാരിലാ തഹബുള്ളിന്ദिला തഹാര ലൈനൽ കൽബി ലിന്ദिला താമൂല അപ്പൊ ആരാധകളായ ആളുകൾ ഇന്ത്യനാറിന്റെ വേണ്ടി പടുവില്ല സമീപം മറ്റൊരു കെറ്റ് മറ്റൊരു കെറ്റ് ഓറ് വ്യക്തി ഈ ഒരു വ്യക്തി ഇങ്ങനെ കാത്തിരിക്കുന്നു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ കാത്തിരിക്കല വന്നിട്ടില്ല ഹോല വന്നിട്ടില്ല ഓല വരുമ്പോ എന്താ അപ്പൊ അത് ഇസ്ലാമിയായി പറയാനുമില്ല വയ്യ നമുക്ക് തിരിയുന്നു അങ്ങനെ പെട്ടെന്ന് നേരത്തെ ഹാജറായാലേ നമ്മള വീര്യം കിട്ടുന്നില്ല നമ്മളെ എന്താഷയോടുകൂടി കുറപ്പുമുട്ടിക്കാത്തിരിക്കുന്നു എണ്ണം ി ഈ തിന്നല് കൊണ്ട് ഷോഡിലാക്കിയിട്ട് കുറെ സമയം ഇങ്ങനെ കുറേ എന്നുള്ള സമയം പറഞ്ഞില്ലേ അത് അവർ കറാത്ത യും ചില കേട്ടിപ്പോൾ ഇഫ്സുർ അഹ ഹസുറൂ വെളിച്ചു കുടിക്കുന്ന ഭക്ഷണത്തിന്റെ മുകളിൽ മാത്രമേ മമ്പൂർ തന്നു ചവക്കം കത്തിക്കൂല അതിനകം വയക്കൂരോളം നാലു ദിവസം അസും എന്ന ഈശ്വരമേലാക്കി ആ ചവച്ചിട്ട് സമയം കൂട്ടുന്നതിനകത്താണ് വക്കാണോ വില കുടിച്ചത് റച്ച കുടിക്കുന്നുണ്ടാവുന്ന പറ്റിയെന്താണോ അത് മാത്രം കഞ്ഞുവൊക്കെ ചവച്ചില്ലേ പിന്നെ തെല്ലാ കാലത്ത് തെളിഞ്ഞേക്ക് തന്നെ കുടിക്കുന്നു ചവക്കുന്നുണ്ട് മൂന്ന് അത് ഒരു പൊടി ബാരി ഇട്ടിട്ട് ചവച്ച് അറുപത് കസ്തി മുടങ്ങുന്നുണ്ടും കണക്കുട്ടിയൊക്കെ അറുപത് ഗസ്തി മുടക്കുന്നുണ്ടും നമുക്കിവിടെ മൂന്ന് മണിക്കൂർ ഇന്ത്യ എതിട്ട് പരിപാടി ആക്കിയിട്ടും ഇതും ഉണ്ടാവില്ല ഒരു വന്നിട്ടില്ല ഒരു വന്നിട്ടില്ല ഒരു വന്നിട്ടില്ല അവസാനം പറഞ്ഞി കാണാൻ പോകുന്നില്ലേ അതിലേക്കാണ് എന്ന് പറഞ്ഞത് അപ്പൊ കൊടുത്തത് അവിടെ മുഖം തന്നോളും പർച്ചെയ്യണ്ടെന്ന അപ്പൊ വനല്ലവളത്ത ഒരു മഹദൂഫിന്റെ നമ്മളെ തറച്ചാക്കൾ പറഞ്ഞത് വനായ വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുക തന്നെ അത് ഓർന്നു കേറൂല പോലും ഭക്തീരാക്കറൊന്നും ഇല്ലാതെ കണ്ട സമയം പോകില്ല കാമ്യാതെ സുലമി അപ്പകാലമാണ് അപ്പൊ ഇല്ലെങ്കിൽ സുരമിത്തന്നെ കൂട്ടി പിടിക്കുന്നത് വൻ് ആദിമി ആദൻ ബാബി മാണ ഇല്ലാ മാതക്കറുരമി ഹാർ അതാ നമ്മളെ ബൈറ്റുണ്ടാക്കിയ ആള് ഈ വിഷയത്തിൽ സുലമി പറഞ്ഞ ഇതിനെയാണ് ഓരോ ആർ സ്വത്തിച്ചിട്ടുണ്ട് വയറന്നോ കത്തമ്മാക്കണോ പക്ഷേ സുലമി വന്ന് തിർത്തി മാറ്റം ഉണ്ടാവും മുന്തിച്ചു പറഞ്ഞ ശേഷമോ ശേഷം വന്ന് മുന്തിച്ചുണ്ടാവും ഏതുപോലെ റായിത്തിൽ വന്നില്ല അവാാലിഫന്മാർക്ക് അങ്ങനെ വൈതാക്കിയതല്ല സുരേഷിന്റെ റായിത്തിൽ അല്ല അവാാലിഫിന് അങ്ങനെ എപ്പോഴും വൈതാക്കിയതാ നന്ദോമായ പറയും അതിലുണ്ട് തൃപ്തി വിചാസം അവാാലിഫിന് അയിപ്പതാം പാമ്പിലെട്ടം പറഞ്ഞ് വാബിക്ക് നോമ്പൂർ ഒന്നാം പ്പുറം പാപ് മുന്തിച്ചു ഹാർപ്പം ചേർപ്പു അവിടെ നിൽക്കും ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ടാരും പിന്നെ അവിടെ മറ്റൊരു നിൽക്കണം മറ്റൊരു വെച്ചു പക്ഷെ അത് ഹാരത്തി ജയിച്ചു തരും ഭക്ഷണം അവിടെ വെക്കുക ഓരോ പേരോടെ നമുക്ക് വെക്കുകയല്ല എന്നൊരു പതിയെ തമീൻ അതിൻ തമീൻ ദ ആമാ കാണ അറിയത്തത പോ തത പോ സാധഹായ എന്നയ എന്ന റിജിതി വല്ലതിhari അ മുഹാഫലതി മ ലൗകാതി മസഹാതിൻ മഖതും സാതു വണ്ടി കാത സൂചിചിക്കുന്നു കൃത്യ സമയത്താണ് ഓരോ ഓരോ ഉപയോഗപ്പെട്ടി ഇരുന്നു എന്നാണ് സൂചിനടു വചനത്തിന്റെ വേണ്ടി ഇനർ ചെയ്താലും പോകും ഇക്കല്ലാ നമ്മു പോയി പോകുന്നല്ലോ എന്നൊരു വാക്കി. അപ്പോൾ വൈരിൻ വേണ്ടി ഒട്ട സമചന വാക്കുല്ലല്ലോ. ഫനൂറി വേണ്ടി പറയുന്നു അതിരക്കുത്തു അക്ബാമൻ ഞാൻ ചില ക്രോബങ്ങളെ കണ്ടെത്തിച്ചിട്ടുണ്ട് അലബുൽ താബത്തു അച്ഛൻ ബദരി അല്ലെങ്കിൽ കിബാറു താബിയും അച്രി കിബാറു താബിയങ്കിൽ പെട്ട മഹാനാണ് അപ്പൊ ഒന്നിക്കു ലോറ സകാലികൻമാര താബിയങ്ങളോ അല്ലെങ്കിൽ താപത്തോ ഞാൻ എത്തിച്ചിട്ടുണ്ട് ഓരമണിക്കൂറുകളായിരുന്നു അച്ഛക്ക വളരെയധികം തുടിയവരാണ് സമയം പുറമിക്കുന്നേ നിങ്ങും നിങ്ങൾ ചെപ്പാളായി ഞാൻ കാണാം അല്ല അതനീക്കും നിങ്ങൾ ദൃഹമും നീനാറും അല്ലെങ്കിൽ ആകുമ്പോൾ നേരിട്ടുണ്ടല്ലോ ഒരു മനസൊക്കെ ആ ഓർക്ക് സമയം പോകുമ്പോൾ ബുദ്ധിമുട്ട് അപ്പം നിക്കൂരു കമാലായുഹൃജ് ആതുക്കും നീരാറും വല്ലാ ദൃഹമൻ ഇല്ലാ ഭീമാനോ നിങ്ങൾപ്പെട്ട ഒരാൾ ദൃഹമോ നീരാറോ എന്തെങ്കിലും നെക്കുന്ന കാര്യത്തിൽ എല്ലാ നിങ്ങളും പുറത്തോക്കൂലോ പക്ഷെ ഇക്കാലത്ത് അതില്ലാട്ടാ തുള്ളകാരെല്ലാത്തിനൊക്കെ ചിലവാക്കുന്നില്ലേ പഠിക്കൊണ്ടിരി വെച്ചിട്ടില്ല പിസ്ത കെട്ട പൊന്നി അങ്ങനെ പറഞ്ഞ പൊന്നിന് മഹാറിച്ചുകൊണ്ടില്ലാത്ത പോലെ പഠിക്കൊണ്ട് അടിവെക്കാൻ ഇതിൽ തുറച്ചിട്ട് അവസാനം പഠിക്കൊണ്ട് ഇപ്പോഴത്തേക്ക് തുടങ്ങരുന്ന് കണ്ടപ്പോൾ അട മടിയാക്കിയിട്ട് അങ്ങോട്ടേക്ക് വാറാത്ത ഒരു പാട്ടം കൂട്ടിക്കൊണ്ട് ഇതൊന്നും കെട്ടി വെക്കണ്ടേ ഉമ്മറപ്പണിയിൽ ഒന്നിൽ വെക്കാൻ അത നമ്മൾ അങ്ങനെ കേട്ടാണ് ഇങ്ങോട്ട് പറടാകൂലാ എന്ന് പറഞ്ഞത് ಅದು ഒരു രീതിയല്ല ഒരു രൂപ ഉണ്ടാते ഇരുന്നിട്ട് മാറി ചാടണം കൊണ്ടുള്ളത് ഫകദാലിക്ക് നായുഹൈ പൂനാ ഫകദാലിക്ക് ഇതുപോലെയാണ് ലായുഹൈ പോലെ ഞാൻ പറഞ്ഞ അഹ്കാം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ അഹ്കാം അവരി ഇഷ്ടപ്പെടുറ അഹിയു ഖബ്ലതാ ത മിൻ ആമാലിഹിം ഇല്ലാ ഫീമാ യഉദു അലൈഹി നഫ്ഉഹു ובഗദൻ തഫ്കറുൻ തഫ്കുതുൻ ഇന്നമാ അനിൽ ലഹനാ വറ സമദ ജലലാ പാ ഇല്ല അതിനൊരു ചില ഫോം ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ പറയുന്നു ശരീരം എന്ന് വായിക്കണം വലിയ എന്ന് വായിക്കുമ്പോൾ എന്നുള്ള ഒത്തങ്ങനെ പിന്നെ ഹാരോത്തയോ മമ്മിം ഭഗതാതിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു ഒരു ഇത് റിബാറ്റിലേക്കാണ് ഞാൻ പോകുന്നത് പിന്നെന്താ ുള്ള പൈസ എവിടാ അശ്വര്യാകോ കൊല്ലപ്പെട്ടിരുന്നു അത് നാട്ടിന്റെ പേരായിരിക്കും അല്ലോ അതിന്റെ പറഞ്ഞു അത് പരിശോധിക്കാം അകലത്തെ ാണ് ബവദി പുറപ്പെട്ടത് എന്റെ തരീതിൽ ഒത്തുകൂടി അനിയൻ ലാബിന്റെ ഒത്തുകൂടി രണ്ടാളും പെട്ടവരായിരുന്നു അങ്ങനെ എന്റെ നോമ്പ് ഓർക്കേണ്ട സമയം എത്തി വക്കാരമാണ് ഈ മീൻഷൻ മതുക്കൂക്കും എന്റെ കൂടെ പൊടിച്ച ഉപ്പുണ്ടായിരുന്നു പാക് ക്ലാസും കുറച്ച് പത്തിരിന്റെ വട്ടും കുറച്ച് പത്തിനിയോ പൊടിച്ച ഉപ്പും എന്റെ കൂടെ വക്കാല അപ്പൊ മൂത്തു അര് ദുർജാനി പറഞ്ഞത് മീൻസൊക്കെ മതുക്കൂക്കും ആ നിന്റെ ഉപ്പ് പൊടിച്ചിട്ടുണ്ടല്ലോ ഒമാക്കൽവാദമിന്റെ തഹ തഹാമിന്റെ പല ഇനങ്ങളും നീക്കെത്തിയിട്ടുണ്ടല്ലോന്ന് പത്തിരിന്റെ വട്ടം പൊടിച്ച ഉപ്പ് ആർക്കെത്തിയത് മൂമ്പളൊക്കെ ലഭ്യപ്പെട്ട لم تفنيها اه ليه ديكه 14 اولا اوتو وانا تدخل فننا المحبين محبين على طريق انك لدقويم الا م بدل اذا دي بدل روميه وانا الله تعالى 20 طب نان نوكي आलेर अंगोटो नोकी 30 حاجه بعده كان ما هو في سبيك الشعي تويكور مونداك سريكه كاك يا ابو نمبر تو حتى مكاني ملي مونداو سبيك അപ്പൊ സപ്പം ഇന്നു അതിൽ നിറഞ്ഞു ഒരു കുടിയാം സ്വക്കോൽപ്പു എന്ന് ഞാൻ ചോദിച്ചു മാ രാത്രിയില്ലാ നിങ്ങൾ ഇപ്രകാരം ആക്കാനെന്താ കാരണം സ്വകാര്യ ഇന്നി ഹസിബിത്ത് മാതിവച്ച തിന്നുന്നതിന്റെ ഇടയിലും പരട്ട വലിക്ക് കുടിക്കുന്നതിന്റെ ഇടയിലുണ്ട് എഴുപത് തസ്മീൻ്റെ ടൈം എടുക്കുന്നുണ്ട് അത് വെറുതെ പോയില്ലേ താമസം ഇരട്ട വലിക്ക് കുടിക്കുന്ന സമയത്തിന്റെയും ചവച്ച തിന്നതിനിടയിൽ എഴുപത് ഇതൊന്നും ആർക്കൊക്കെ എത്തെ എന്താ നമ്മളിപ്പോഴത്തെ സമയത്തിന്റെ ഹാനി ഞാനിപ്പോഴത്തേക്കും തന്നെ സമയത്തിന്റെ അവസ്ഥ താണിന്ന് സമയം കൊല്ലമല്ലേ ടൈം പാസ് ടൈം ചില്ലി സമയം ജീവിച്ചിരുന്നില്ല സമയം ഞാൻ കൊല്ലണം അപ്പൊ പമ്മ ആ മകളെ ഉപസ്ത മൂന്ന് അടപ്പ കൊല്ലമായി ഉപത് നമുക്കറില്ല എന്താണ് ഞാനല്ല وقيل خبر امام انسانات تيهين لا ان بني داركم الله فيها الا كانت عليه حسره يوم القيامه عبد ابن ميل ورشت ساعتين نجي போகില്ല যদি আল্লাহ মনে জিকির না করে বলান কিয়ামত நாளில் হसरत আইতে ছলাদে রতিনের এর হसरत দন نجيবারত ও জিকির ও সঙ্গedinte নষ্ট বরদ পড়দিরন ഒന്നോ നീ നോക്കോ തമ്പി എതിരെ അബ്ബാദി ഉയന്മാരുടെ തമ്പി എന്ന കിതാബ് നോക്കണം പത്തത് അസാര തീരി അതിൽ നല്ല നിർത്തി പ്രവർത്തിക്കുന്നുണ്ട്